പ്രവാചകന്റെ ഭാര്യമാരേ നിങ്ങൾ മറ്റു സ്ത്രീകളെപ്പോലെയല്ല നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ സംസാരത്തിൽ വിനയം കാണിക്കരുത് അങ്ങനെ ചെയ്താൽ ഹൃദയത്തിൽ രോഗമുള്ളവൻ മോഹിച്ചേക്കാം അതിനാൽ നിങ്ങൾ മാന്യമായ രീതിയിൽ സംസാരിക്കുക